അധ്യായം ഇരുപത് ത്വാഹ മക്കയിൽ അവതരിച്ചത് ഒന്നാം സൂക്തത്തിലെ ത്വാഹ എന്ന അക്ഷര തന്നെയാണ് ഈ അദ്ധ്യായ നാമത്തിന് നിദാനം ൽ ത്വാഹ നിനക്ക് നാം കുർആൻ അവതരിപ്പിച്ചു തന്നത് നീ കഷ്ടപ്പെടാൻ വേണ്ടിയല്ല ഭയപ്പെടുന്നവർക്ക് ഉത്ബോധനം നൽകാൻ വേണ്ടി മാത്രമാണത് ഭൂമിയും ഉന്നതമായ ആകാശങ്ങളും സൃഷ്ടിച്ചവന്റെ പക്കൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടതത്രെ അത് പരമകാരുണികൻ സിംഹാസനസ്ഥനായിരിക്കുന്നു അവനുള്ളതാകുന്നു ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും അവക്കിടയിലുള്ളതും മണ്ണിനടിയിലുള്ളതുമെല്ലാം وَإِن تَجْهَرُ بِالْقَوْلِ فَإِنَّهُ يَعْلَمُ السِّرَّ وَأَخْفَامُ نِي بَاكُ اُجْسَ تِرَاكُوْا جَانَنْجِن تِرْشَيَايُمْ اللَّهُ رَحَسْيَمْ آيَدُمْ أَتَّنْدَمْ نِكُوْتَمْ آيَدُمْ عَرِيُمْ إِنَّنِ إِمَنَ سِرَاكُوْا اللَّهُ لَا إِلَاهَ إِلَّا هُ وَلَهُ الْأَسْمَاءُ الْح അവനല്ലാതെ ഒരു ദൈവവുമില്ല അവൻ്റെതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ മൂസായുടെ വർത്തമാനം നിനക്ക് വന്നു കിട്ടിയോ ഇതോ ഇ അതായത് അദ്ദേഹം ഒരു തീ കണ്ട സന്ദർഭം അപ്പോൾ തന്റെ കുടുംബത്തോട് അദ്ദേഹം പറഞ്ഞു നിങ്ങൾ നിൽക്കൂ ഞാൻ ഒരു തീ കണ്ടിരിക്കുന്നു ഞാൻ അതിൽ നിന്ന് കത്തിച്ചെടുത്തുകൊണ്ട് നിങ്ങളുടെ അടുത്ത് വന്നേക്കാം അല്ലെങ്കിൽ തീയുടെ അടുത്ത് വല്ല വഴികാട്ടിയെയും ഞാൻ കണ്ടേക്കും അങ്ങനെ അദ്ദേഹം അതിനടുത്തു ചെന്നപ്പോൾ ഇപ്രകാരം വിളിച്ചുപറയപ്പെട്ടു ഹേ മൂസു തീർച്ചയായും ഞാനാണ് നിന്റെ രക്ഷിതാവ് അതിനാൽ നീ നിന്റെ ചെരിപ്പുകൾ അഴിച്ചുവെക്കുക നീ തുവ എന്ന പരിശുദ്ധ താഴ്വരയിലാകുന്നു ഞാൻ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു അതിനാൽ ബോധനം നൽകപ്പെടുന്നത് നീ ശ്രദ്ധിച്ചു കേട്ടുകൊള്ളുക إنني أنا الله لا إله إلا أنا تعبدني وأقم الصلاة لذكرين تيرتشي آيوم نعان آغن نو الله نعان اللادي بردائي ببو ملا آدينال أنني آراد كوغيو أنني أورمي كنت دنائي نمسكارم مرابول نروحي كوغيو مجيئا തീർച്ചയായും അന്ത്യസമയം വരിക തന്നെ ചെയ്യും ഓരോ വ്യക്തിക്കും താൻ പ്രയത്നിക്കുന്നതിനനുസൃതമായി പ്രതിഫലം നൽകപ്പെടാൻ വേണ്ടി ഞാനത് ഗോപ്യമാക്കി വച്ചേക്കാം ആകയാൽ അന്ത്യസമയത്തിൽ വിശ്വസിക്കാതിരിക്കുകയും തന്നിഷ്ടത്തെ പിൻപറ്റുകയും ചെയ്തവർ അതിൽ വിശ്വസിക്കുന്നതിൽ നിന്ന് നിന്നെ തടയാതിരിക്കട്ടെ അങ്ങനെ സംഭവിക്കുന്ന നീയും നാശമടയുന്നതാണ് അള്ളാഹു പറഞ്ഞു ഹേ മൂസ നിന്റെ വലതു കൈയ്യിലുള്ള ആ വസ്തു എന്താകുന്നു അദ്ദേഹം പറഞ്ഞു ഇത് എന്റെ വടിയാകുന്നു ഞാൻ അതിന്മേൽ ഊഞ്ഞി നിൽക്കുകയും അതുകൊണ്ട് എന്റെ ആടുകൾക്ക് ഇല അടിച്ചു വീഴ്ത്തി കൊടുക്കുകയും ചെയ്യും അതുകൊണ്ട് എനിക്ക് വേറെയും ഉപയോഗങ്ങളുണ്ട് അള്ളാഹു പറഞ്ഞു ഹേ മൂസ നീ ആ വടി താഴെയിടൂ അദ്ദേഹം അത് താഴയിട്ടു അപ്പോഴതാ അതൊരു പാമ്പായി ഓടുന്നു ൂല അവൻ പറഞ്ഞു അതിനെ പിടിച്ചുകൊള്ളുക പേടിക്കേണ്ട നാം അതിനെ അതിന്റെ ആദ്യസ്ഥിതിയിലേക്ക് തന്നെ മടക്കുന്നതാണ് നീ എന്റെ കൈ കക്ഷത്തിലേക്ക് ചേർത്തു യാതൊരു ദൂഷ്യവും കൂടാതെ തെളിഞ്ഞ വെള്ളനിറമുള്ളതായി അത് പുറത്തുവരുന്നതാണ് അത് മറ്റൊരു ദൃഷ്ടാന്തമത്രേ നമ്മുടെ മഹത്തായ ദൃഷ്ടാന്തങ്ങളിൽ ചിലത് നിനക്ക് നാം കാണിച്ചു തരുവാൻ വേണ്ടി അത്രേ അത് നീർ അവന്റെ അടുത്തേക്ക് പോകുക തീർച്ചയായും അവൻ അതിക്രമകാരിയായിരിക്കുന്നു അദ്ദേഹം പറഞ്ഞു എന്റെ രക്ഷിതാവേ നീ എനിക്ക് ഹൃദയവിശാലത നൽകണമേ വയസ് എനിക്ക് എന്റെ കാര്യം നീ എളുപ്പമാക്കി തരേണമേതീ എന്റെ നാവിൽ നിന്ന് നീ ഴിച്ചു തരണമേ ജനങ്ങൾ എന്റെ സംസാരം മനസ്സിലാക്കേണ്ടതിന് എന്റെ കുടുംബത്തിൽ നിന്ന് എനിക്ക് ഒരു സഹായിയെ നീ ഏർപ്പെടുത്തുകയും ചെയ്യണമേ അതായത് എന്റെ സഹോദരൻ ഹാറൂനെ അവൻ മുഖേന എന്റെ ശക്തി നീ യും എന്റെ അവനെ നീ പങ്കാളിയാക്കുകയും ചെയ്യണമേ ഞങ്ങൾ ധാരാളമായി നിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുവാനും ധാരാളമായി നിന്നെ ഞങ്ങൾ സ്മരിക്കുവാനും വേണ്ടി തീർച്ചയായും നീ ഞങ്ങളെപ്പറ്റി കണ്ടറിയുന്നവനാകുന്നു ഓലപതുഹു പറഞ്ഞു ഹേ മൂസ നീ ചോദിച്ചത് നിനക്ക് നൽകപ്പെട്ടിരിക്കുന്നു മറ്റൊരിക്കലും നിനക്ക് നാം അനുഗ്രഹം ചെയ്തു തന്നിട്ടുണ്ട് إِذْ أَوْحَيْنَا إِلَىٰ أُمِّكَ مَا يُوحَا أَدْ آيَدُ نِنْدَ مَادْ آوِينِ بَوْدَنَمْ نَلْقَ پَدْنَا كَارِيَمْ نَام بَوْدَنَمْ نَلْقِيَ سَمْنَرْبَدْتِي أَنِ قُدِفِيهِ فِي التَّابُوتِ فَقُدِفِيهِ فِي الْيَمِّ فَلْيُلْقِهِ الْيَمِّ بِالسَّاحِلِ فيلقي اليم بالساحل ياخذه عدو ليعده له والقيت عليك محبه مني ولتصنع على عيني ني كطيعي بتي لاكيته ندي ليكيتيكو ندي ا بتي كريل تليكولم انيكم امنهم شترو ايتുള്ളവ ഓരാൾ അവന് എടുത്തുകൊള്ളു ഹേ മൂസ എന്റെ വക്കൽ നിന്നുള്ള സ്നേഹം നിന്റെ മേൽ ഞാൻ ഇട്ടുതരികയും ചെയ്തു എന്റെ നോട്ടത്തിലായിക്കൊണ്ട് നീ വളർത്തിയെടുക്കപ്പെടാൻ വേണ്ടിയും കൂടിയാണത് كان كيت قد ضع عينها ولا تحزن وقتلتنا سننجيك من الغم وفتناك فتونا فلبيت سنين في اهل مدين ثم جئت على قدري يا موسى نندى ساهودري نادنو چلഗയും ഇവന്റെ സംരക്ഷണം ഏൽക്കാൻ കഴിയുന്ന ഒരാളെപ്പറ്റി ഞാൻ നിങ്ങൾക്കറിയിച്ചു തരട്ടെയോ എന്ന് പറയുകയും ചെയ്യുന്ന സന്ദർഭം ശ്രദ്ധേയമാകുന്നു അങ്ങനെ നിന്റെ മാതാവിങ്കിലേക്ക് തന്നെ നിന്നെ നാം തിരിച്ചേൽപ്പിച്ചു അവളുടെ കണ്ണു കുളിർക്കുവാനും അവൾ ദുഃഖിക്കാതിരിക്കുവാനും വേണ്ടി നീ ഒരാളെ കൊല്ലുകയുണ്ടായി എന്നിട്ട് അതു മനക്ലേശത്തിൽ നിന്ന് നിന്നെ നാം രക്ഷിക്കുകയും ചെയ്തു പല പരീക്ഷണങ്ങളിലൂടെയും നിന്നെ നാം പരീക്ഷിക്കുകയുണ്ടായി അങ്ങനെ മതിയൻകാരുടെ കൂട്ടത്തിൽ കൊല്ലങ്ങളോളം നീ താമസിച്ചു പിന്നീട് ഹേ മൂസ നീ എന്റെ ഒരു നിശ്ചയപ്രകാരം ഇതാ വന്നിരിക്കുന്നു എന്റെ സ്വന്തം കാര്യത്തിനായി നിന്നെ ഞാൻ വളർത്തിയെടുത്തിരിക്കുന്നു എന്റെ ദൃഷ്ടാന്തങ്ങളുമായി നീയും നിന്റെ സഹോദരനും പോയിക്കൊള്ളുക എന്നെ സ്മരിക്കുന്നതിൽ നിങ്ങൾ അമാന്തിക്കരുത് നിങ്ങൾ രണ്ടുപേരും ഫിർ അവന്റെ അടുത്തേക്ക് പോകുക തീർച്ചയായും അവൻ അതിക്രമകാരിയായിരിക്കുന്നു എന്നിട്ട് നിങ്ങൾ അവനോട് സൗമ്യമായ വാക്കു പറയുക അവൻ ഒരു വേള ചിന്തിച്ചു മനസ്സിലാക്കിയേക്കാം അല്ലെങ്കിൽ ഭയപ്പെട്ടുവെന്ന് വരാം അവർ രണ്ടുപേരും പറഞ്ഞു ഞങ്ങളുടെ രക്ഷിതാവെ ഫിർ ഞങ്ങളുടെ നേർക്ക് എടുത്തു ചാടുകയോ അതിക്രമം കാണിക്കുകയോ ചെയ്യുമെന്ന് ഞങ്ങൾ ഭയപ്പെടുന്നു ഓലല തോപ ഇന്നലീ മാ അള്ളാഹു പറഞ്ഞു നിങ്ങൾ ഭയപ്പെടേണ്ട തീർച്ചയായും ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് ഞാൻ കേൾക്കുകയും കാണുകയും ചെയ്യുന്നുണ്ട് അതിനാൽ നിങ്ങൾ ഇരുവരും അവന്റെ അടുത്തു ചെന്നിട്ട് പറയുക തീർച്ചയായും ഞങ്ങൾ നിന്റെ രക്ഷിതാവിന്റെ ദൂതന്മാരാകുന്നു അതിനാൽ ഇസ്രായേൽ സന്തതികളെ ഞങ്ങളുടെ കൂടെ വിട്ടുതരണം അവരെ മർദ്ദിക്കരുത് നിന്റെ അടുത്ത് ഞങ്ങൾ വന്നിട്ടുള്ളത് നിന്റെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള ദൃഷ്ടാന്തവും കൊണ്ടാകുന്നു സന്മാർഗം പിന്തുടർന്നവർക്കായിരിക്കും സമാധാനം നിഷേധിച്ചു തള്ളുകയും പിന്മാറിക്കളയുകയും ചെയ്തവർക്കാണ് ശിക്ഷയുള്ളതെന്ന് തീർച്ചയായും ഞങ്ങൾക്ക് ബോധനം നൽകപ്പെട്ടിരിക്കുന്നു ഫിർ അവൻ ചോദിച്ചു ഹേ മൂസ അപ്പോൾ ആരാണ് നിങ്ങളുടെ രണ്ടുപേരുടെയും രക്ഷിതാവ് മൂസ പറഞ്ഞു ഓരോ വസ്തുവിനും അതിന്റെ പ്രകൃതം നൽകുകയും എന്നിട്ട് അതിന് വഴി കാണിക്കുകയും ചെയ്തവനാരോ അവനത്രേ ഞങ്ങളുടെ രക്ഷിതാവ് അവൻ പറഞ്ഞു അപ്പോൾ മുൻ തലമുറകളുടെ അവസ്ഥ എന്താണ് അദ്ദേഹം പറഞ്ഞു അവരെ സംബന്ധിച്ചുള്ള അറിവ് എന്റെ രക്ഷിതാവിങ്കിൽ ഒരു രേഖയിലുണ്ട് എന്റെ രക്ഷിതാവ് പിഴച്ചു അവൻ മറന്നുപോകുകയുമില്ല അല്ല നിങ്ങൾക്കു വേണ്ടി ഭൂമിയെ തൊട്ടിലാക്കുകയാണ് നിങ്ങൾക്ക് അതിൽ വഴികൾ ഏർപ്പെടുത്തി തരികയും ആകാശത്തുനിന്ന് വെള്ളം ഇറക്കിത്തരുകയും ചെയ്തവൻ അത്രേ അവൻ അങ്ങനെ അതുമൂലം വ്യത്യസ്ത തരത്തിലുള്ള സസ്യങ്ങളുടെ ജോഡികൾ നാം ഉൽപ്പാദിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു നിങ്ങൾ തിന്നുകയും നിങ്ങളുടെ കന്നുകാലികളെ മേക്കുകയും ചെയ്തു കൊള്ളുക ബുദ്ധിമാന്മാർക്ക് അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട് ഭൂമിയിൽ നിന്നാണ് നിങ്ങളെ നാം സൃഷ്ടിച്ചത് അതിലേക്ക് തന്നെ നിങ്ങളെ നാം മടക്കുന്നു അതിൽ നിന്നു മറ്റൊരു പ്രാവശ്യം നാം പുറത്തു കൊണ്ടുവരികയും ചെയ്യും നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ ഓരോന്നും നാം ഫിർഔന് കാണിച്ചു കൊടുക്കുക തന്നെ ചെയ്തു എന്നിട്ടും അവൻ നിഷേധിച്ചു തള്ളുകയും നിരസിക്കുകയുമാണ് ചെയ്തത് അവൻ പറഞ്ഞു ഓ മൂസ നിന്റെ ജാലവിദ്യ കൊണ്ട് ഞങ്ങളെ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് പുറന്തള്ളാൻ വേണ്ടിയാണോ നീ ഞങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത് എന്നാൽ ഇതുപോലെയുള്ള ജാലവിദ്യ തീർച്ചയായും ഞങ്ങൾ നിന്റെ അടുത്തു കൊണ്ടുവന്ന് കാണിക്കാം അതുകൊണ്ട് ഞങ്ങൾക്കും നിനക്കുമിടയിൽ നീ ഒരു അവധി നിശ്ചയിക്കുക ഞങ്ങളോ നീയോ അത് ലംഘിക്കാവുന്നതല്ല മധ്യസ്ഥമായ ഒരു സ്ഥലത്തായിരിക്കട്ടെ അത് മൂസ പറഞ്ഞു നിങ്ങൾക്കുള്ള അവധി ഉത്സവ ദിവസമാകുന്നു പൂർവാന്നത്തിൽ ജനങ്ങളെ ഒരുമിച്ചു കൂട്ടേണ്ടതാണ് فَتَوَلَّا فِرْعَوْنُ فَجَمَعَ كَيْدَهُ ثُمَّ أَتَا انتفرعون ترينجو بوي تند تندرنگل سنكتبجو انتفرن نشجد سميت وَنُّو قَالَ لَهُم مُوسَى وَيْلَكُمْ لَا تَفْتَرُوْ عَلَى اللَّهِ كَذِبًا فَيُسْحِتَكُمْ بِعَذَابَ وَقَدْ خَابَ مَنِ اكْتَرَا موسَى أَوَرُوَرُ بَرَنْيُوْ നിങ്ങൾക്കു നാശം നിങ്ങൾ അള്ളാഹുവിന്റെ പേരിൽ കള്ളം കെട്ടിച്ചമയ്ക്കരുത് ഏതെങ്കിലും ഒരു ശിക്ഷ മുഖേന അവൻ നിങ്ങളെ ഉന്മൂലനം ചെയ്തേക്കും കള്ളം കെട്ടിച്ചമച്ചവനാരോ അവൻ തീർച്ചയായും പരാജയപ്പെട്ടിരിക്കുന്നു ഇത് കേട്ടപ്പോൾ ആളുകൾ തമ്മിൽ അവരുടെ കാര്യത്തിൽ ഭിന്നതയിലായി അവർ രഹസ്യ സംഭാഷണത്തിൽ ഏർപ്പെടുകയും ചെയ്തു ചർച്ചയ്ക്കു ശേഷം അവർ പറഞ്ഞു തീർച്ചയായും ഇവർ രണ്ടുപേരും ജാലവിദ്യക്കാർ തന്നെയാണ് അവരുടെ ജാലവിദ്യ കൊണ്ട് നിങ്ങളുടെ നാട്ടിൽ നിന്ന് നിങ്ങളെ പുറന്തള്ളാനും നിങ്ങളുടെ മാതൃകാപരമായ മാർഗത്തെ നശിപ്പിച്ചു കളയാനും അവർ ഉദ്ദേശിക്കുന്നു അതിനാൽ നിങ്ങളുടെ തന്ത്രം നിങ്ങൾ ഏകകണ്ഠമായി തീരുമാനിക്കുകയും എന്നിട്ട് നിങ്ങൾ ഒരൊറ്റ അണിയായി രംഗത്ത് വരികയും ചെയ്യുക മികവ് നേടിയവരാരോ അവരാണ് ഇന്ന് വിജയികളായിരിക്കുക ജാലവിദ്യക്കാർ പറഞ്ഞു ഹേ മൂസ ഒന്നുകിൽ നീ ഇടുക അല്ലെങ്കിൽ ഞങ്ങളാകാം ആദ്യമായി ഇടുന്നവർ അദ്ദേഹം പറഞ്ഞു അല്ല നിങ്ങൾ ഇട്ടുകൊള്ളുക അപ്പോഴതാ അവരുടെ ജാലവിദ്യ നിമിത്തം അവരുടെ വടികളും കയറുകളും വടികളുമെല്ലാം ഓടുകയാണെന്ന് അദ്ദേഹത്തിന് തോന്നുന്നു അപ്പോൾ മൂസക്ക് തന്റെ മനസ്സിൽ ഒരു പേടി തോന്നി നാം പറഞ്ഞു പേടിക്കേണ്ട തീർച്ചയായും നീ തന്നെയാണ് കൂടുതൽ ഔന്നത്യം നേടുന്നവൻ നിന്റെ വലതു കൈയ്യിലുള്ള വടി നീ ഇട്ടേക്കുക അവർ ഉണ്ടാക്കിയതെല്ലാം അത് വിഴുങ്ങിക്കൊള്ളും അവരുണ്ടാക്കിയത് ജാലവിദ്യക്കാരന്റെ തന്ത്രം മാത്രമാണ് ജാലവിദ്യക്കാരൻ എവിടെ ചെന്നാലും വിജയിയാവുകയില്ല ൂസ ഉടനെ ആ ജാലവിദ്യക്കാർ പ്രണമിച്ചുകൊണ്ട് താഴെ വീണു അവർ പറഞ്ഞു ഞങ്ങൾ ഹാറൂന്റെയും മൂസായുടേയും രക്ഷിതാവിൽ വിശ്വസിച്ചിരിക്കുന്നു إنه لكبيركم الذي علمكم السحس فلأقطعن أيديكم وأرجلكم من خلاف ولأصلبنكم في جدوع النقل ولتعلمن أينا أشد عذابا وأبقى فرآن <تصفيق> برانيو ഞാൻ നിങ്ങൾക്ക് സമ്മതം തരുന്നതിന് മുമ്പ് നിങ്ങൾ അവന് വിശ്വസിച്ചു കഴിഞ്ഞെന്നോ തീർച്ചയായും നിങ്ങൾക്ക് ജാലവിദ്യ പഠിപ്പിച്ചു തന്ന നിങ്ങളുടെ നേതാവ് തന്നെയാണവൻ ആകയാൽ തീർച്ചയായും ഞാൻ നിങ്ങളുടെ കൈകളും കാലുകളും എതിർവശങ്ങളിൽ നിന്നായി മുറിച്ചു കളയുകയും ഈന്തപ്പനത്തടികളിൽ നിങ്ങളെ ക്രൂശിക്കുകയും ചെയ്യുന്നതാണ് ഞങ്ങളിൽ آرانو اتبو ام قدنا مايادو نیندو نلکننا دم آیا شچا نلکننا ون انن تیرچای آیوم ننگلک منسلاغوئیم چاییوم قالو لن نؤثرك على ما جاءنا من البینات والذي فطرنا تقض ما أن تطاب انما تقضی هذه الحياة الدنيا അവർ പറഞ്ഞു ഞങ്ങൾക്ക് വന്നു കിട്ടിയ പ്രത്യക്ഷമായ തെളിവുകളെക്കാളും ഞങ്ങളെ സൃഷ്ടിച്ചവനെക്കാളും നിനക്ക് ഞങ്ങൾ മുൻഗണന നൽകുകയില്ല തന്നെ അതിനാൽ നീ വിധിക്കുന്നതെന്തോ അത് വിധിച്ചുകൊള്ളുക ഈ ഐഹിക ജീവിതത്തിൽ മാത്രമേ നീ വിധിക്കുകയുള്ളൂ ഞങ്ങൾ ചെയ്ത പാപങ്ങളും നീ ഞങ്ങളെ നിർബന്ധിച്ച് ചെയ്യിച്ച ജാലവിദ്യയും അവൻ ഞങ്ങൾക്ക് പൊറത്തുതരേണ്ടതിനായി ഞങ്ങൾ ഞങ്ങളുടെ രക്ഷിതാവിൽ വിശ്വസിച്ചിരിക്കുന്നു അള്ളാഹുവാണ് ഏറ്റവും ഉത്തമനും എന്നും നിലനിൽക്കുന്നവൻ തീർച്ചയായും വല്ലവനും കുറ്റവാളിയായിക്കൊണ്ട് തന്റെ രക്ഷിതാവിന്റെ അടുത്ത് ചെല്ലുന്ന പക്ഷം അവനുള്ളത് നരകമത്ര അതിലവൻ മരിക്കുകയില്ല ജീവിക്കുകയുമില്ല സത്യവിശ്വാസിയായിക്കൊണ്ട് സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചിട്ടാണ് വല്ലവനും അവന്റെ അടുത്ത് ചെല്ലുന്നതെങ്കിൽ അത്തരക്കാർക്കുള്ളതാകുന്നു ഉന്നതമായ പദവികൾ جنات عدن تجريم تحتها الأنهار خالدين فيها و ذلك جزاء من تزكى عدائد تالفاگر تقودی ندگل اُلگونا ستھیرواسطينو اللہ سورکت اوپوگر عوردل نتیواسي گلائی لکھوم അതാണ് പരിശുദ്ധി നേടിയവർക്കുള്ള പ്രതിഫലം മൂസാക്കു നാം ഇപ്രകാരം ബോധനം നൽകുകയുണ്ടായി എന്റെ ദാസന്മാരെയും കൊണ്ട് രാത്രിയിൽ നീ പോകുക എന്നിട്ട് അവർക്കു വേണ്ടി സമുദ്രത്തിലൂടെ ഒരു ഉണങ്ങിയ വഴി നീ ഏർപ്പെടുത്തി കൊടുക്കുക ശത്രുക്കൾ പിന്തുടർന്ന് എത്തുമെന്ന് നീ പേടിക്കേണ്ടതില്ല യാതൊന്നും നീ ഭയപ്പെടേണ്ടതുല്ല അപ്പോൾ ഫിർഅൻ തന്റെ സൈന്യങ്ങളോടുകൂടി അവരുടെ പിന്നാലെ ചെന്ന് അപ്പോൾ കടലിൽ നിന്ന് അവരെ ബാധിച്ചതെല്ലാം അവരെ ബാധിച്ചു ഫിർഅൻ തന്റെ ജനതയെ ദുർമാർഗത്തിലാക്കി അവൻ നേർവഴിയിലേക്ക് നയിച്ചില്ല ും ഇസ്രായേൽ സന്തതികളെ നിങ്ങളുടെ ശത്രുവിൽ നിന്ന് നിങ്ങളെ നാം രക്ഷപ്പെടുത്തുകയും തൂർപർവ്വതത്തിന്റെ വലതുഭാഗം നിങ്ങൾക്ക് നാം നിശ്ചയിച്ചു തരികയും മന്നായും സെൽവായും നിങ്ങൾക്ക് നാം ഇറക്കിത്തരികയും ചെയ്തു നിങ്ങൾക്ക് നാം തന്നിട്ടുള്ള വിശിഷ്ടമായ വസ്തുക്കളിൽ നിന്ന് നിങ്ങൾ ഭക്ഷിച്ചു കൊള്ളുക അതിൽ നിങ്ങൾ അതിരുകവിയരുത് നിങ്ങൾ അതിരുകവിയുന്ന പക്ഷം എന്റെ കോപം നിങ്ങളുടെ മേൽ വന്നിറങ്ങുന്നതാണ് എന്റെ കോപം ആരുടെ വന്നിറങ്ങുന്നുവോ അവൻ നാശത്തിൽ പതിച്ചു പശ്ചാത്തപിക്കുകയും വിശ്വസിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും പിന്നെ നേർമാർഗത്തിൽ നിലകൊള്ളുകയും ചെയ്തവർക്ക് തീർച്ചയായും ഞാൻ ഏറെ പൊറത്തുകൊടുക്കുന്നവനത്രേകൂ അള്ളാഹു ചോദിച്ചു ഹേ മൂസ നിന്റെ ജനങ്ങളെ വിട്ടേച്ച് നീ ധൃതിപ്പെട്ടു വരാൻ കാരണമെന്താണ് അദ്ദേഹം പറഞ്ഞു അവരിതാ എന്റെ പിന്നിൽ തന്നെയുണ്ട് എന്റെ രക്ഷിതാവേ നീ തൃപ്തിപ്പെടുന്നതിനു വേണ്ടിയാണ് ഞാൻ നിന്റെ അടുത്തേക്ക് ധൃതിപ്പെട്ടു വന്നിരിക്കുന്നത് അള്ളാഹു പറഞ്ഞു എന്നാൽ നീ പോന്ന ശേഷം നിന്റെ ജനതയെ നാം പരീക്ഷിച്ചിരിക്കുന്നു സാമിരി അവരെ വഴിതെറ്റിച്ചു കളഞ്ഞിരിക്കുന്നു ുംഹ് അപ്പോൾ മൂസ തൻ്റെ ജനങ്ങളുടെ അടുത്തേക്ക് കുപിതനും ദുഃഖിതനുമായി കൊണ്ട് തിരിച്ചു ചെന്നു അദ്ദേഹം പറഞ്ഞു എൻറെ ജനങ്ങളെ നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങൾക്ക് ഉത്തമമായ ഒരു വാഗ്ദാനം നൽകിയില്ലേ എന്നിട്ട് നിങ്ങൾക്ക് കാലം ദീർഘമായി പോയോ അഥവാ നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള കോപം നിങ്ങളിൽ ഇറങ്ങണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെ എന്നോടുള്ള നിശ്ചയം നിങ്ങൾ ലംഘിച്ചതാണോ اخلصنا موعدك بما لكنا ولكننا حملنا اوزارا من زينه القوم ولكننا حملنا اوزارا من زينه القوم فقد افناها فكذلك القسامر اور قرن نجل ഞങ്ങളുടെ ഹിതമനുസരിച്ച് താങ്കളോടുള്ള നിശ്ചയം ലംഘിച്ചതല്ല എന്നാൽ ആ ജനങ്ങളുടെ ആഭരണ ചുമടുകൾ ഞങ്ങൾ വഹിപ്പിക്കപ്പെട്ടിരുന്നു അങ്ങനെ ഞങ്ങളത് തീയിൽ എറിഞ്ഞുകളഞ്ഞു അപ്പോൾ സാമിരിയും അപ്രകാരം അത് തീയിൽ ഇട്ടു ൂസീ എന്നിട്ട് അവർക്ക് അവൻ ആ ലോഹം കൊണ്ട് ഒരു മുക്രയിടുന്ന കാളക്കുട്ടിയുടെ രൂപം ഉണ്ടാക്കിക്കൊടുത്തു അപ്പോൾ അവർ അന്യോന്യം പറഞ്ഞു നിങ്ങളുടെ ദൈവവും മൂസായുടെ ദൈവവും ഇതുതന്നെയാണ് എന്നാൽ അദ്ദേഹം മറന്നുപോയിരിക്കുകയാണ് എന്നാൽ അത് ഒരു വാക്കുപോലും അവരോട് മറുപടി പറയുന്നില്ലെന്നും അവർക്ക് യാതൊരു ഉപദ്രവവും ഉപകാരവും ചെയ്യാൻ അതിന് കഴിയില്ലെന്നും അവർ കാണുന്നില്ലേ മുമ്പ തന്നെ ഹാറൂൽ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ ജനങ്ങളെ ഈ കാളക്കുട്ടി മൂലം നിങ്ങൾ പരീക്ഷിക്കപ്പെടുക മാത്രമാണുണ്ടായത് തീർച്ചയായും നിങ്ങളുടെ രക്ഷിതാവ് പരമകാരുണികനത്രേ അതുകൊണ്ട് നിങ്ങൾ എന്നെ പിന്തുടരുകയും എന്റെ കൽപ്പനകൾ നിങ്ങൾ അനുസരിക്കുകയും ചെയ്യുക അവർ പറഞ്ഞു മൂസ ഞങ്ങളുടെ അടുത്തേക്ക് മടങ്ങി ഞങ്ങൾ ഇതിനുള്ള ആരാധനയിൽ നിരതരായി തന്നെ ഇരിക്കുന്നതാണ് മൂസ പറഞ്ഞു ഹാറൂനെ ഇവർ പിഴച്ചുപോയതായി നീ കണ്ടപ്പോൾ നിനക്ക് എന്തു തടസ്സമാണുണ്ടായത് എന്നെ നീ പിന്തുടരാതിരിക്കാൻ നീ എന്റെ കൽപ്പനയ്ക്ക് എതിര് പ്രവർത്തിക്കുകയാണോ ചെയ്തത് ൂൻ പറഞ്ഞു എന്റെ ഉമ്മയുടെ മകനെ നീ എന്റെ താടിയിലും തലയിലും പിടിക്കാതിരിക്കൂ ഇസ്രായേൽ സന്തതികൾക്കിടയിൽ നീ ഭിന്നിപ്പുണ്ടാക്കി കളഞ്ഞു എന്റെ വാക്കിന് നീ കാത്തുനിന്നില്ല എന്ന് നീ പറയുമെന്ന് ഞാൻ ഭയപ്പെടുകയാണുണ്ടായത് തുടർന്ന് സാമിരിയോട് അദ്ദേഹം പറഞ്ഞു ഹേ സാമിരി നിന്റെ കാര്യം എന്താണ് അവൻ പറഞ്ഞു ജനങ്ങൾ കണ്ടു മനസ്സിലാക്കാത്ത ഒരു കാര്യം ഞാൻ കണ്ടു മനസ്സിലാക്കി അങ്ങനെ ദൈവദൂതന്റെ കാൽപ്പാടിൽ നിന്ന് ഞാനൊരു പിടിപിടിക്കുകയും എന്നിട്ടത് ഇട്ടുകളയുകയും ചെയ്തു അപ്രകാരം ചെയ്യാനാണ് എന്റെ മനസ്സ് എന്നെ പ്രേരിപ്പിച്ചത് قال فذهب فإن لك في الحياة أن تقول لا مساس وإن لك موعدا لن تخلفه وانهر إلى إلهك الذي ضلت عليه عاكفا لا نحرقنّه ثم لنا نسته في اليم من السفاه മൂസ പറഞ്ഞു എന്നാൽ നീ പോകൂ തീർച്ചയായും നിനക്ക് ഈ ജീവിതത്തിലുള്ളത് തൊട്ടുകൂടാ എന്ന് പറയലായിരിക്കും തീർച്ചയായും നിനക്ക് നിശ്ചിതമായ ഒരു അവധിയുണ്ട് അത് അതിലംഘിക്കപ്പെടുകയേ ഇല്ല നീ പൂജിച്ചുകൊണ്ടേയിരിക്കുന്ന നിന്റെ ആ ദൈവത്തിന്റെ നേരെ നോക്കൂ തീർച്ചയായും നാം അതിനെ ചുട്ടരിക്കുകയും എന്നിട്ട് നാം അത് പൊടിച്ച് കടലിൽ വിതറിക്കളയുകയും ചെയ്യുന്നതാണ് നിങ്ങളുടെ ദൈവം അള്ളാഹു മാത്രമാകുന്നു അവനല്ലാതെ യാതൊരു ദൈവവുമില്ല അവന്റെ അറിവ് എല്ലാ കാര്യത്തെയും ഉൾക്കൊള്ളാൻ മാത്രം വിശാലമായിരിക്കുന്നു അപ്രകാരം മുമ്പ് കഴിഞ്ഞുപോയ സംഭവങ്ങളെപ്പറ്റിയുള്ള വൃത്താന്തങ്ങളിൽ നിന്ന് നാം നിനക്ക് വിവരിച്ചു തീർച്ചയായും നാം നിനക്ക് നമ്മുടെ പക്കൽ നിന്നുള്ള ബോധനം നൽകിയിരിക്കുന്നു ആരെങ്കിലും അതിൽ നിന്ന് തിരിഞ്ഞുകളയുന്ന പക്ഷം തീർച്ചയായും ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ അവൻ പാപത്തിന്റെ ഭാരം വഹിക്കുന്നതാണ് അതിൽ അവർ നിത്യവാസികളായിരിക്കും ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ ആ ഭാരം അവർക്കെത്ര ദുസ്സഹം യോനയൂസ് അതായത് കാഹളത്തിൽ ഊതപ്പെടുന്ന ദിവസം കുറ്റവാളികളെ അന്നേ ദിവസം നീല വർണ്ണമുള്ളവരായിക്കൊണ്ട് നാം ഒരുമിച്ചു കൂട്ടുന്നതാണ് യത കോത്തും ഇല്ല അഷറോ അവർ അന്യോന്യം പതുക്കെ പറയും പത്ത് ദിവസമല്ലാതെ നിങ്ങൾ ഭൂമിയിൽ താമസിക്കുകയുണ്ടായിട്ടില്ല എന്ന് ഒരൊറ്റ ദിവസം മാത്രമേ നിങ്ങൾ താമസിച്ചിട്ടുള്ളൂ എന്ന് അവരിൽ ഏറ്റവും ന്യായമായ നിലപാടുകാരൻ പറയുമ്പോൾ അവർ പറയുന്നതിനെപ്പറ്റി നാം നല്ലവണ്ണം അറിയുന്നവനാകുന്നു പർവ്വതങ്ങളെ സംബന്ധിച്ച് അവർ നിന്നോട് ചോദിക്കുന്നു പറയുക എന്റെ രക്ഷിതാവ് അവയെ പൊടിച്ച് പാറ്റിക്കളയുന്നതാണ് എന്നിട്ട് അവൻ അതിനെ സമനിരപ്പായ മൈതാനമാക്കി വിടുന്നതാണ് ഇറക്കമോ കയറ്റമോ നീ അവിടെ കാണുകയില്ല യൗമുനിർവ്മാനി അന്നേ ദിവസം വിളിക്കുന്നവന്റെ പിന്നാലെ അവനോട് യാതൊരു വക്രതയും കാണിക്കാതെ അവർ പോകുന്നതാണ് എല്ലാ ശബ്ദങ്ങളും പരമകാരുണികന് കീഴടങ്ങുന്നതുമാണ് അതിനാൽ ഒരു നേർത്ത ശബ്ദമല്ലാതെ നീ കേൾക്കുകയില്ല അന്നേ ദിവസം പരമകാരുണികൻ ആരുടെ കാര്യത്തിൽ അനുമതി നൽകുകയും ആരുടെ വാക്ക് തൃപ്തിപ്പെടുകയും ചെയ്തിരിക്കുന്നുവോ അവനല്ലാതെ ശുപാർശ പ്രയോജനപ്പെടുകയില്ല അവരുടെ മുമ്പിലുള്ളതും പിന്നിലുള്ളതും അവൻ അറിയുന്നു അവർക്കാകട്ടെ അതിനെപ്പറ്റിയൊന്നും പരിപൂർണമായി അറിയാനാവുകയില്ലോ وقد خاب من حمله المال اننهم جيவிച്ചിരിക്കുന്നവൻ എല്ലാം നിയന്ത്രിക്കുന്നവനും ആയുള്ളവനു മുഖങ്ങൾ കീഴ്ദുങ്ങിയിരിക്കുന്നു അക്رمത്തിന്റെ ഭാരം ചുമന്നവൻ പരാജയമടയുകയും ചെയ്തിരിക്കുന്നു വമൻ യഅമൽ മിനസ് സ്വാലിഹാതി വഹുവ മുഅ്മിൻ ഫലാ യഖാഫുൽ മൗവ വലാ ഹദ്മ ആരെങ്കിലും സത്യവിശ്വാസിയായിക്കൊണ്ട് സൽക്കർമ്മങ്ങളിൽ വല്ലതും പ്രവർത്തിക്കുന്ന പക്ഷം അവൻ അക്രമത്തെയോ അനീതിയെയോ ഭയപ്പെടേണ്ടി വരില്ല അപ്രകാരം അറബിയിൽ പാരായണം ചെയ്യപ്പെടുന്ന ഒരു ഗ്രന്ഥമായി െ അവതരിപ്പിച്ചിരിക്കുന്നു ഇതിൽ നാം താക്കീദ് വിവിധ തരത്തിൽ വിവരിച്ചിരിക്കുന്നു അവർ സൂക്ഷ്മതയുള്ളവരാകുകയോ അവർക്ക് ബോധമുളവാക്കുകയോ ചെയ്യുന്നതിനു വേണ്ടി വാഹുൽ സാക്ഷാൽ രാജാവായ അള്ളാഹു അത്യുന്നതനായിരിക്കുന്നു ഖുർആൻ നിനക്ക് ബോധനം നൽകപ്പെട്ടു കഴിയുന്നതിനു മുൻപായി അത് പാരായണം ചെയ്യുന്നതിന് നീ ധൃതി കാണിക്കരുത് എന്റെ രക്ഷിതാവെ എനിക്കു നീ ജ്ഞാനം വർദ്ധിപ്പിച്ചു തരേണമേ എന്ന് നീ പറയുകയും ചെയ്യുക മുമ്പ് നാം ആദവിനോട് കരാർ ചെയ്യുകയുണ്ടായി എന്നാൽ അദ്ദേഹം അത് മറന്നു കളഞ്ഞു അദ്ദേഹത്തിന് നിശ്ചയദാർഢ്യമുള്ളതായി നാം കണ്ടില്ല നിങ്ങൾ ആദവിന് സുജോതി ചെയ്യൂ എന്ന് നാം അലക്കുകളോട് പറഞ്ഞ സന്ദർഭം ശ്രദ്ധേയമത്രേ അപ്പോൾ അവർ സുജ്യോതി ചെയ്തു ഇബിലിസൊഴികെ അവൻ വിസമ്മതിച്ചു അപ്പോൾ നാം പറഞ്ഞു ആദമേ തീർച്ചയായും ഇവൻ നിന്റെയും നിന്റെ ഇണയുടെയും ശത്രുവാകുന്നു അതിനാൽ നിങ്ങളെ രണ്ടുപേരെയും അവൻ സ്വർഗത്തിൽ നിന്ന് പുറം തള്ളാതിരിക്കട്ടെ അങ്ങനെ സംഭവിക്കുന്ന പക്ഷം നീ കഷ്ടപ്പെടും തീർച്ചയായും നിനക്കിവിടെ വിശക്കാതെയും നഗ്നനാകാതെയും കഴിയാം നിനക്കിവിടെ ദാഹിക്കാതെയും യും കഴിയാം അപ്പോൾ പിശാജ് അദ്ദേഹത്തിന് ദുർബോധനം നൽകി ആദമേ അനശ്വരത നൽകുന്ന ഒരു വൃക്ഷത്തെപ്പറ്റിയും ക്ഷയിച്ചു പോകാത്ത ആധിപത്യത്തെപ്പറ്റിയും ഞാൻ നിനക്കറിയിച്ചു തരട്ടയോവ അങ്ങനെ ആദമും ഭാര്യയും ആ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിച്ചു അപ്പോൾ അവർ ഇരുവർക്കും തങ്ങളുടെ ഗുഹ്യഭാഗങ്ങൾ വെളിപ്പെടുകയും സ്വർഗത്തിലെ ഇലകൾ കൂട്ടിച്ചേർത്ത് തങ്ങളുടെ ദേഹം അവർ പൊതിയാൻ തുടങ്ങുകയും ചെയ്തു ആദം തന്റെ രക്ഷിതാവിനോട് അനുസരണക്കേട് കാണിക്കുകയും അങ്ങനെ പിഴച്ചുപോകുകയും ചെയ്തു അനന്തരം അദ്ദേഹത്തിന്റെ രക്ഷിതാവ് അദ്ദേഹത്തെ ഉത്കൃഷ്ടനായി തെരഞ്ഞെടുക്കുകയും അദ്ദേഹത്തിന്റെ പശ്ചാത്താപം സ്വീകരിക്കുകയും മാർഗദർശനം നൽകുകയും ചെയ്തു അള്ളാഹു പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുക നിങ്ങളിൽ ചിലർ ചിലർക്ക് ശത്രുക്കളാകുന്നു എന്നാൽ എന്റെ പക്കൽ നിന്നുള്ള വല്ല മാർഗദർശനവും നിങ്ങൾക്ക് വന്നു കിട്ടുന്ന അപ്പോൾ എന്റെ മാർഗദർശനം ആർ പിൻപറ്റുന്നുവോ അവൻ പിഴച്ചു പോകുകയില്ല കഷ്ടപ്പെടുകയുമില്ല എന്റെ ഉത്ബോധനത്തെ വിട്ട് വല്ലവനും തിരിഞ്ഞുകളയുന്ന പക്ഷം തീർച്ചയായും അവന് ഇടുങ്ങിയ ഒരു ജീവിതമാണ് ഉണ്ടായിരിക്കുക ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ അവനെ നാം അന്ധനായ നിലയിൽ എഴുന്നേൽപ്പിച്ചു കൊണ്ടുവരുന്നതുമാണ് അവൻ പറയും എന്റെ രക്ഷിതാവെ നീ എന്തിനാണെന്നെ അന്ധനായ നിലയിൽ എഴുന്നേൽപ്പിച്ചു കൊണ്ടുവന്നത് ഞാൻ കാഴ്ചയുള്ളവനായിരുന്നുവല്ലോ قال كذلك تتك اياتنا فنسيتها وكذلك اليوم نسى الله بريء angle thenyagum ninakku nammud drishtantangal vanettugai undai ennittu ni adu marannukalangu adu pole innu niyam vismarikapadunnu wa kadhalika najzi man asrafa wa lam yu'min bi ayati rabbi അതിരു കവിയുകയും തന്റെ രക്ഷിതാവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കാതിരിക്കുകയും ചെയ്തവർക്ക് അപ്രകാരമാണ് നാം പ്രതിഫലം നൽകുന്നത് പരലോകത്തെ ശിക്ഷ കൂടുതൽ കഠിനമായതും നിലനിൽക്കുന്നതും തന്നെയാകുന്നു അവർക്കുമ്പ് നാം എത്രയോ തലമുറകളെ നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ട് എന്ന വസ്തുത അവർക്ക് മാർഗദർശകമായിട്ടില്ലേ അവരുടെ വാസസ്ഥലങ്ങളിൽ കൂടി ഇവർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ബുദ്ധിമാന്മാർക്ക് തീർച്ചയായും അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട് وَلَوْلَا كَلِمَةٌ سَبَقَتْ مِنْ رَبِّكَ لَكَانَ لِزَامًا وَأَجَلٌ مُسَمَّا نِنْدِ رَكْشِدَا وِنْقَلْ نِنْدِ وَيْرُ وَاكُمْ نِسْتِدَمَآيَ وَيْرُ عَوَدِيُمْ مُمْبَي پْرَكْيَابِ كَبْبَتِّي لَا إِرُنْدُ وَنْقِلْ سَتْلَا نَدَبَدِي إِوَرْكُمْ أَنِوَار تَصْبِرْ عَلَى مَا يَقُولُونَ وَسَبِّحْ بِحَمْدِ رَبِّكَ قَبْلَ طُلُوعِ الشَّمْسِ وَقَبْلَ غُرُوبِهَا وَمِنْ آنَاءِ اللَّيْنِ فَسَبِّحْ وَأَطُرَافَ النَّهَارِ لَعَلَّكَ تَرْضَى آيَةٍ آل ايوار پرأيوندنه پتی جميكوگا سوريو ده يتنم ممبوم سورياستم يتنم ممبوم نندر اتشي داوينستو دکنن د അവന്റെ പരിശുദ്ധിയെ നീ പ്രകീർത്തിക്കുകയും ചെയ്യുക രാത്രിയിൽ ചില നാഴികകളിലും പകലിന്റെ ചില ഭാഗങ്ങളിലും നീ അവൻറെ പരിശുദ്ധിയെ പ്രകീർത്തിക്കുക നിനക്ക് സംതൃപ്തി കൈവന്നേക്കാം സമുദ്ര മനുഷ്യരിൽ പല വിഭാഗങ്ങൾക്ക് നാം ഐഹിക ജീവിതാലങ്കാരം അനുഭവിപ്പിച്ചതിലേക്ക് നിന്റെ ദൃഷ്ടികൾ നീ പായിക്കരുത് അതിലൂടെ നാം അവരെ പരീക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നു നിന്റെ രക്ഷിതാവ് നൽകുന്ന ഉപജീവനമാകുന്നു കൂടുതൽ ഉത്തമവും നിലനിൽക്കുന്നതും وَأْمُرْ أَهْلَكَ بِالصَّلَاةِ وَاصْطَبِرْ عَلَيْهَا لَن نَّسْأَلَكَ رِزْقًا نَّحْنُ نَرْزُقُكَ وَالْعَاقِبَةُ لِلتَّقْوَى <تصفيق> निंदे कुडुंबतोड नी നമസ്കരിക്കാൻ കൽപ്പികുഗീം നമസ്കാരത്തിൽ നീ ക്ഷമാപൂർവം ഉറച്ചുനിൽക്കുകയിം ചെയ്യുക നിന്നോട് നാം ഉപജീവനം ചോദിക്കുന്നില്ല നാം നിനക്ക് ഉപജീവനം നൽക്കുകയാണ് ചെയ്യുന്നത് ധർമ്മനിഷ്ഠക്കാകുന്നു ശുഭപര്യവസാനം അവർ പറഞ്ഞു പ്രവാചകൻ എന്തുകൊണ്ട് ഞങ്ങൾക്ക് തന്റെ രക്ഷിതാവിങ്കിൽ നിന്ന് ഒരു ദൃഷ്ടാന്തം കൊണ്ടുവന്നു തരുന്നില്ല പൂർവഗ്രന്ഥങ്ങളിലെ പ്രത്യക്ഷമായ തെളിവ് അവർക്ക് വന്നു കിട്ടിയിട്ടില്ലേ وَلَوْ أَنَّا أَهْلَثْنَاهُمْ بِعَذَابٍ مِّن قَبْلِهِ لَقَالُوْ لَقَالُوْ رَبَّنَا لَوْ لَا أَرْسَلْتَ إِلَيْنَا رَسُولًا فَنَتَّبِعَ آيَاتِكَ مِّن قَبْلِ أَنَّ دِلَّ وَنَخْزَا إِذْنَا مُمْبُ وَلَّا سِكْشَ كُنْدُمْ نَا أَبَدَا نَشِرْبِ چِرِنُّ وَيَنْجِلْ أَبَر ഞങ്ങളുടെ രക്ഷിതാവെ നീ എന്തുകൊണ്ട് ഞങ്ങളുടെ അടുത്തേക്ക് ഒരു ദൂതനെ അയച്ചു തന്നില്ല എങ്കിൽ ഞങ്ങൾ അപമാനിതരും നിന്ദിതരുമായി തീരുന്നതിന് മുമ്പ് നിന്റെ ദൃഷ്ടാന്തങ്ങളെ ഞങ്ങൾ പിന്തുടരുമായിരുന്നു നബിയെ പറയുക എല്ലാവരും കാത്തിരിക്കുന്നവരാകുന്നു നിങ്ങളും കാത്തിരിക്കുക നേരായ പാതയുടെ ഉടമകളാരുന്നു സന്മാർഗം പ്രാപിച്ചവരായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് അറിയാറാകും